സഹന്യാവ് മൂന്നിൻ്റെ പതിനേഴ് നമ്മളെല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു നിൻ്റെ ദൈവമായ ഹോവ രക്ഷിക്കുന്ന വീരരായി നിൻ്റെ മകുണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു അവിടുന്ന് നിന്നിൽ അത്യന്തം സന്തോഷിക്കുന്നു അവിടുന്ന് സ്നേഹത്തോടെ നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു നിന്നിൽ ഘോഷത്തോടെ ആനന്ദിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അതാരെക്കുറിച്ചായി പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ച് നമ്മൾ അത്ര പ്ലാൻ ചെയ്തല്ലെങ്കിലും ചില ആഴ്ചകളായിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠി പറയുകയും ചിന്തിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ട് അവസാനിക്കുന്ന ആഴ്ച നമ്മൾ യാദൃച്ഛികമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത് ആരംഭിച്ച ആദ്യത്തെ ആഴ്ച നമ്മൾ പുത്രനായ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറഞ്ഞത് അത് രണ്ടും നമ്മൾ പറയുമ്പോൾ തന്നെ അത് വെറുതെ ജല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഈ മൂന്ന് ആളത്വങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കെന്താ പ്രയോജനം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത് അതുപോലെ പുത്രൻ തമ്പുരാൻ കർത്താവ് തൻ്റെ താൻ ഈ വന്ന് താൻ ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം എന്നുള്ള നിലയിലാണ് നമ്മൾ ചിന്തിച്ചത് ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വാക്യവും ദൈവത്തെക്കുറിച്ചാണ് ദൈവം ആയ ഹോ വന്ന് അവിടുത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞതെന്താ അവിടുന്ന് നമ്മൾ നമുക്ക് വേണ്ടി സൈലൻ്റ് ആയിട്ട് കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നു അപ്പം ദൈവം തൃത്വം മുഴുവൻ നമുക്ക് വേണ്ടിയാണ് നമ്മളിതിൻ്റെ അകത്തെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു എന്നാൽ പിതാവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല പിതാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം നമുക്ക് ഒന്നിയോഹ ഞാൻ മൂന്നാമധ്യായം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു പിതാവ് നമുക്ക് ഈ തൃത് മൂന്ന് മൂന്നാളത്വങ്ങളിൽ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് പിതാവ് എന്ന ആളത്വത്തോടാണ് പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ ആളുകൾക്ക് ബന്ധം കുറവുള്ളത് ഇതെല്ലാം സത്യത്തിൽ ഒന്നാണെങ്കിൽ പോലും നമ്മൾ മൂന്നായിട്ട് തിരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് വളരെ ആ നിലയിൽ അടുപ്പമുണ്ട് കർത്താവിനുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ട് എന്നാൽ പിതാവെന്ന് പറയുമ്പോൾ അകലെ എങ്ങോ ഇരിക്കുന്ന അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യഹൂദന്മാർക്ക് വേണ്ടിയുള്ള അങ്ങനെ എന്തോ ഒന്നാണോ അങ്ങനെയാണോ നമ്മുടെ ഒരു ഒരു മനസ്സിൽ അങ്ങനെയാണോ ഒരു ചിത്രമുള്ളത് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെയും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി എങ്ങനെയായിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് എങ്ങനെ നമുക്ക് വേണ്ടി എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഉള്ളതാണ് പിതാവും അല്ലാതെ പിതാവിനെ ഒരു മനസ്സിൽ ഒരു അകലമിടേണ്ട കാര്യമില്ല പിതാവ് നമുക്ക് വേണ്ടി സൈലൻ്റായിട്ട് നിശബ്ദമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാക്യമാണ് നമ്മൾ ഇന്നും വായിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് എന്ന് തോന്നുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തൃത്വം ഇവരെ മൂന്ന് ആളത്വങ്ങളാണെങ്കിലും അവർ സാരാംശത്തിൽ ഒന്നാണ് അതുപോലെ തന്നെ ഈ മൂന്ന് ആളത്വങ്ങൾ അവർ മൂന്ന് പേരും അവരുടെ സ്വഭാവത്തിലും അവരുടെ ദൈവത്വത്തിലും ഒരേ പോലെയാണ് തുല്യരാണ് ഈക്വലാണ് ഈക്വലാണ് നമ്മൾ ചിലപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുക നമ്മുടെ മനസ്സിലെ പിതാവ് പ്രത്യേകിച്ചും തൃത്വത്തിൽ ഒന്നാമനായ പിതാവ് തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് പിതാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പുത്രൻ ഇത്രയൂടെ കുറഞ്ഞ ഒരാളാണ് പരിശുദ്ധാത്മാവ് അതിൽ താഴെയുള്ള ഒരാളാണ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് പോകാം എന്നാൽ അങ്ങനെയല്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് പേരും അവരുടെ ദൈവത്വത്തിൽ അവരുടെ സ്വഭാവത്തിൽ ആളത്വത്തിൽ അവർ തുല്യരാണ് തുല്യരാണ് അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ഒന്നാമനായ തൃത്വത്തിൽ ഒന്നാമനായ പിതാവ് രണ്ടാമനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധാത്മാവ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അത് നമ്മളൊരു കാര്യങ്ങൾ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ബൈബിളിൽ അങ്ങനെ അല്ലാതെയും പറഞ്ഞിട്ടുണ്ട് പിതാവിനെ എപ്പോഴും ഒന്നാമത് പറഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആശീർവാദം നമ്മുടെ ഇടയിൽ ആശീർവാദം പറയുന്നത് താരതമ്യേനെ വളരെ വളരെ ചുരുക്കമാണ് എങ്കിലും ആശീർവാദം പറയുമ്പോൾ ഒരു ആശീർവാദവാക്യം രണ്ട് കോരിന്ദിയർ പതിമൂന്നിൻ്റെ ഒടുവിൽ പൗലോസ പറയുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പിതാവിനെ അവിടെ ഒന്നാമതല്ല പറഞ്ഞേക്കുന്നത് ഒന്നാമത് പറഞ്ഞേക്കുന്ന ആരെക്കുറിച്ചാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞാൻ പറഞ്ഞത് ഒരു കാര്യം പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത് നമ്മൾ തൃത്വത്തിൽ ഒന്നാമനായ പിതാവെന്നോ രണ്ടാമനായ പുത്രൻ തമ്പുരാനെന്നോ പറയുമ്പോൾ അത് പിതാവിനാണ് ഒന്നാം സ്ഥാനം പുത്രന് രണ്ടാമതൊരു സ്ഥാനമേ ഉള്ളൂ പരിശുദ്ധാത്മാവിന് അതിൽ കുറഞ്ഞൊരു സ്ഥാനമേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഇവർ മൂന്ന് പേരും അവരുടെ ദൈവത്വത്തിലും അവരുടെ സ്വഭാവത്തിലും അതുപോലെ ആളത്വത്തിലും തുല്യരാണ് എന്നാണ് ബൈബിളെ വെളിപ്പെടുത്തുന്നത് സൗകര്യത്തിന് വേണ്ടി ചിലപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു തെറ്റുമില്ല എന്നാൽ നേരെ തിരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പറഞ്ഞാലും ഒരു തെറ്റുമില്ല ഇവരെ ആളത്വത്തിൽ മൂന്ന് പേരും തുല്യരാണ് എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എങ്കിലും ഇന്നും അതിനെക്കുറിച്ച് പ്രാരംഭമായിട്ടൊന്നു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ പ്രിയപ്പെട്ടവർ അങ്ങനെ തന്നെ ഇവർ മൂന്ന് പേരും തമ്മിലുള്ള പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ട് ആളത്തത്തിൽ ഒരേപോലെയാണെങ്കിലും പ്രവർത്തനത്തിലും അവരുടെ റോളിലും അവരുടെ അവർ ചെയ്യുന്ന കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് നമുക്ക് വേണ്ടി കാൽവറി ക്രോശില് മരിച്ചത് ആരാ പരിശുദ്ധാത്മാവല്ല മരിച്ചത് അല്ലെങ്കിൽ പിതാവല്ല മരിച്ചത് മറിച്ച് പുത്രനാണ് പുത്രനാണ് യേശു ക്രിസ്തുവാണ് കാൽവരക്രൂസിൽ മരിച്ചത് അപ്പോൾ അവരുടെ റോളുകൾ സംബന്ധിച്ച് അവരുടെ ഫങ്ഷൻസ് സംബന്ധിച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരൊക്കെയും മൂന്ന് പേരും ഒരേപോലെ ആയിരിക്കുന്നു ആളത്തത്തിൽ തുല്യരാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പിതാവെന്ന് പറയുമ്പോൾ നമുക്കൊത്തിരി അകലമായിട്ട് തോന്നണ്ട പിതാവ് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് കുറച്ചുകൂടെ നമ്മുടെ ചിന്തയിലും വികാരത്തിലും പിതാവ് കുറച്ചുകൂടെ അടുത്ത് നിൽക്കണം പിതാവ് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്താണ് നമ്മളതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം നമ്മൾ നമ്മൾ ഈ വിശ്വാസകോളത്തിലായിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കതിൻ്റെ പ്രയോജനം ഏത് നിലയിലാണ് എന്നൊക്കെ വളരെ വേഗത്തിൽ നമ്മൾ ചിന്തിക്കുക ചെയ്യുന്നത് നമ്മൾ വാക്യങ്ങളിലേക്കാണ് നമ്മൾ എപ്പോഴും തിരിയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ശരാശരി ഒരു പ്രസംഗത്തിലൊരു ഈ മുപ്പതോ മു ഇരുപത്തഞ്ചോ വാക്യങ്ങളെങ്കിലും നമ്മൾ പറയാറുണ്ട് ഈ വാക്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ പറയുമ്പോൾ എടുത്ത് നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചിലർ ഉപവാസത്തോടാ വന്നേക്കുന്നു വന്ന് ഈ പത്ത് പത്തര ആയപ്പോൾ ഫാനിൻ്റെ അടിയിൽ ഈ കണ്ണടച്ച് ധ്യാനിച്ച് ഈ പ്രസംഗം കേട്ട് കളയാം എന്ന് വിചാരിച്ചാൽ നിങ്ങളെപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് ദയവായിട്ട് ദയവായിട്ട് പ്രസംഗം കേൾക്കുമ്പോൾ കണ്ണടയ്ക്കല്ലേ കണ്ണടക്കല്ലേ പിന്നെ നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ ഈ ബൈബിൾ എന്ത് വേണം അത് തുറക്കണം ശബന്യാമെന്ന് പറയുമ്പോൾ അത് എവിടെന്ന് തപ്പിയ ആളുകളുണ്ടോ എങ്ങനെയാണ് അത് പറ്റുന്നത് നമ്മൾ ബൈബിളുമായിട്ട് നമുക്ക് പരിചയമുണ്ടാവണം കാര്യം ബൈബിളേ ഉള്ളൂ നമ്മളെ നടത്താൻ നമുക്ക് എഴുതപ്പെട്ട ഈ വചനത്തിലൂടെയാണ് ഇപ്പം നമ്മൾ ഈ പറയാൻ പോകുന്ന പിതാവിനെക്കുറിച്ചായാലും പുത്രനെക്കുറിച്ചായാലും പരിശുദ്ധാത്മാവിനെക്കുറിച്ചായാലും ഒക്കെ നമുക്ക് വെളിപ്പാട് ലഭിക്കുക ഇതിലൂടെയാണ് ഇന്ന് ഈ ലോകത്ത് ഇരുൾ നിറഞ്ഞ ഒരു ലോകമായിട്ട് നമ്മൾ കാണുക ഈ ലോകത്ത് ഇരുളുള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു സൗഹൃദിറങ്ങി പോകുമ്പം പറയും ബ്രദറെ ഈ ടോർച്ചുകൂടെ കയ്യിൽ ഇരിക്കട്ടെ എന്നു വെച്ചാൽ ഇരുട്ടാണല്ലോ എന്ന് പറയുന്നത് പോലെ നമുക്ക് സത്യത്തിൽ ഈ ഇരുൾ നിറഞ്ഞ ഈ ലോകത്ത് നമ്മുടെ കയ്യിൽ കരുതാവുന്ന ടോർച്ച് ഏതാണ് ആകെ ഒരൊറ്റ ടോർച്ചേ ഉള്ളൂ ബൈബിളാ ദൈവവചനം വചനം എന്ന് പറയുന്നു അതിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്ന് വെക്കേണ്ടത് ഇത് നമ്മൾ ആവർത്തിച്ച് വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് വീണ്ടും എത്ര വട്ടം ആവർത്തിക്കാനും മടിയില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ചില തോന്നലുകളിലോ നല്ല ചില അനുഭൂതികളിലോ നല്ല വൈകാരികമായ ചില ആ നിലയിലുള്ള നമ്മുടെ ആത്മീയതയെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് നിലനിൽക്കാനൊക്കുകയില്ല കാരണം ഒരു വികാരം ഇന്ന് നല്ല നിലയിൽ വരും നാളെ എന്താ ഇന്ന് നല്ല വികാരം നമ്മൾ കയറി വന്നപ്പോൾ ഒരു സഹോരം വന്നു ചിരിച്ചുകൊണ്ട് വന്ന കൈ തന്നു ആ ബ്രഹറെ പഴയ പല്ലുവേദന ഇപ്പം മാറിയോ എന്ന് ചോദിക്കുന്നു നമുക്ക് ആകെപ്പാടെ സന്തോഷം അടുത്ത ആഴ്ച നല്ല വികാരത്തിലാണ് നമ്മൾ കൈ ഉയർത്തുന്നു പാട്ട് പാടുന്നു എല്ലാം ചെയ്തു അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോൾ നമ്മളെ ഒരാളും കണ്ടതായിട്ട് നടിക്കുന്നില്ല നമ്മളിരിക്കാൻ തുടങ്ങിയ കസേര വേറൊരാൾ വന്നിരുന്നു ആകപ്പാടെ ഞാൻ പറഞ്ഞു വന്നത് വികാരങ്ങളും അനുഭൂതികളും മാറി വരും അതിലല്ല സഹോദര സഹോദരി നീ നിൻ്റെ ആത്മീയതയെ കൊണ്ടുവന്ന് വെക്കേണ്ടത് അങ്ങനെ വെച്ചാൽ അത് മാറി മാറിപ്പോകും അതുപോലെ ആ നമ്മുടെ പഴയ കാലത്തെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിലല്ല നമ്മൾ നമ്മുടെ ആത്മീയതയെ കൊണ്ടുവന്ന് വെക്കുന്നത് ചിലർ പറയാറുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ആദ്യം പ്രസംഗിക്കാൻ വന്നപ്പോൾ അന്ന് ആയിരത്തി അന്ന് അന്ന് ഞാൻ എനിക്കൊരു വചനം കിട്ടി സൗരി എൺപത്തൊന്ന് കഴിഞ്ഞ് തൊണ്ണൂറ്റൊന്നും കഴിഞ്ഞ് രണ്ടായിരത്തൊന്നും കഴിഞ്ഞ് രണ്ടായിരത്തി എത്ര വർഷങ്ങൾ കഴിഞ്ഞു നീ എൺപത്തൊന്നിൽ നിനക്ക് കിട്ടിയ ഒരു വചനത്തെ പിടിച്ചുകൊണ്ടിരുന്നാൽ നിനക്കെങ്ങനെ മുന്നോട്ട് പോകാനൊക്കോ ഞാൻ പറഞ്ഞത് അന്ന് ആ സൗരൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞു എന്നുള്ള ആ വൈകാരികമായ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിനെ നോക്കാതെ നമ്മളെന്ത് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവവചനത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറയാൻ പോകുന്ന വാക്യങ്ങളൊക്കെ ദയവായിട്ട് എടുത്ത് നോക്കുക കുറിക്കേണ്ടത് കുറിച്ചെടുക്കുക അല്ലെങ്കിൽ പിശാച വളരെ തന്ത്രശാലി ആയതുകൊണ്ട് അവനെന്തു ചെയ്യും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ തലയ്ക്ക് ചുറ്റിനും കൂടെ കടന്നു നമുക്ക് പ്രയോജനം പോകും നമ്മൾ പറഞ്ഞത് പേപ്പർ ബാനായും ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് വേഗത്തിൽ പോകട്ടെ നമ്മൾ ഈ നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്രീ ഏകനാണ് അതിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് നമുക്കുള്ള പ്രയോജനത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു കർത്താവായ യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് കാൽവെക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു എന്നുള്ള നിലയിലല്ല കർത്താവ് ഇന്ന് പിതാവിൻ്റെ അടുത്ത് മധ്യസ്ഥനായി ഇരിക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ഇന്ന് കർത്താവിൽ നിന്നുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞയാഴ്ച ചിന്തിച്ചു പിതാവിനെക്കുറിച്ച് താരതമ്യേനെ നമുക്ക് അത്രത്തോളം അടുപ്പമില്ലാത്ത അടുപ്പം എന്ന് ഞാനുള്ളത് സിംഗിൾ ഇൻവെർട്ടഡ് കോമായിലാണ് ഇടുന്നത് നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ബ്ലോക്കുള്ള ആ പിതാവിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചിന്തിക്കാം പിതാവുള്ളത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം പിതാവ് എന്ന വാക്ക് പിതാവ് എന്ന ആ നിലയിലുള്ള ഒരു വാക്യം സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അവനല്ലോ നിൻ്റെ പിതാവ് ബൈബിളിൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ വാക്യം ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൻ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മുപ്പത്തിരണ്ടിൻ്റെ ആറാമത്തെ വാക്യത്തിലാണ് സത്യത്തിൽ ദൈവത്തെ പിതാവ് പിതാവ് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്ന ആദ്യ വാക്യം അതാണ് എന്നാൽ നമ്മൾ ഈ ബൈബിള് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിതാവെന്നുള്ള ആശയം ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വാക്യം അവിടെ ഉണ്ട് പക്ഷെ പിതാവെന്നുള്ള വാക്യം വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല അപ്പുറപ്പാട് പുസ്തകം നാലാമധ്യായം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം നീ പറവോനോട് മോശയോട് പറയുകയാണ് നീ പറവോനോട് ചെന്ന് ഏഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രായേൽ എൻ്റെ പുത്രൻ എൻ്റെ ആദ്യ തന്നെ അപ്പം ദൈവം ചൈവത്തിൻ്റെ അരുളപ്പാട് മോശ ചെന്ന് ഫറോനോട് പറയുമ്പോൾ എന്താ പറയുന്നു ഇസ്രായേല് എൻ്റെ ആദ്യ ജാതനാണ് എൻ്റെ പുത്രനാണെന്ന് പറയുമ്പോൾ ഈ ദൈവം ദൈവം പിതാവാണ് പിതാവ അപ്പം താൻ പിതാവാണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിരിക്കുന്ന ഒരു വാക്യം ഈ പറഞ്ഞതുപോലെ പുറപ്പാട് പുസ്തകം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടില് നമ്മൾ കണ്ടെങ്കിലും പിതാവ് ദൈവം പിതാവാണെന്ന് എടുത്തു പറയുന്ന ആദ്യത്തെ വാക്യം ആവർത്തന പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ മുപ്പത്തിരണ്ടിൻ്റെ ആറിലാണ് മറ്റേതാ പുറപ്പാട് നാലിൻ്റെ ഇരുപത്തിരണ്ടിലാണ് ഞാൻ പറഞ്ഞാൽ തെറ്റിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പിതാവ് ദൈവം പിതാവ് എന്ന് ബൈബിള് വെളിപ്പെടുത്തുന്നു അപ്പം തന്നെ ഈ പിതാവ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പല നിലയിൽ പറയാറുണ്ട് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പിതാവ് ഒരളവിലാരാ ദൈവമാണ് ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ട് നമ്മളെ അപ്പോസ്ല പ്രവർത്തികൾ അപ്പോസ്ല പ്രവർത്തി പതിനേഴാമത്തെ അധ്യായത്തിൽ പൗലോസിൻ്റെ വളരെ സ്കോളർലി ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ തന്നെ പലരെ ഉദ്ധരിച്ച് പറയാറുണ്ട് അതിൻ്റെ പതിനേഴിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നാം ദൈവം നാം ദൈവത്തിൻ്റെ സന്താനമെന്ന് വരികയാൽ ദൈവം എന്ന് താനവിടെ പറയുന്നു അതിൻ്റെ മുകളിലുള്ള വാക്യം നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു കണ്ടോ പണ്ഡിതനായ ഫൗലോസ് താന് അരയോപകുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തൻ്റെ ഓഡിയൻസിനെ ആ നിലയിൽ മനസ്സിലാക്കിയിട്ട് അവരെ അവരുടെ ഇടയിലുള്ള അവരുടെ ഒരു കവിവരൻ പറഞ്ഞ ഒരു കാര്യം അവിടെ കോട്ട് ചെയ്യുക എന്താ ആ കവിവരൻ എന്താ പറഞ്ഞേക്കുന്നത് നാം അവൻ്റെ സന്താനമല്ലോ നമ്മൾ ദൈവത്തിൻ്റെ സന്താനമാണ് അല്ലെങ്കിൽ ദൈവം നമ്മുടെ പിതാവാണ് എന്ന് നിങ്ങളുടെ കവിവരൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് പറഞ്ഞിട്ട് ആ കൊട്ടേഷൻ അവിടെ അവസാനിപ്പിച്ചിട്ട് ഇരുപത്തി ഒമ്പതിൽ താൻ തന്നെ അതങ്ങനെ തന്നെ ആണെന്ന് പറയുക ചെയ്യുന്നത് നാം ദൈവത്തിൻ്റെ സന്താനം ഇന്ന് വരികയായി എന്ന് പറഞ്ഞ് താനെ വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങുക പ്രിയപ്പെട്ടവരെ അപ്പോൾ നമുക്ക് പറയാം ഈ ലോകത്തിലുള്ളവരെല്ലാം എന്താ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഏതർത്ഥത്തിലത് പറയുന്നത് ഇവരെ എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ് സൃഷ്ടാവായ ദൈവത്തെ നോക്കുമ്പോൾ അവരുടെ ജനയിതാവ് അവരെ സൃഷ്ടിച്ചവൻ അത് ദൈവമാകിയാൽ ഈ ലോകത്തെ സകല ആളുകളും എന്താ ഒരളവിൽ ദൈവത്തിൻ്റെ സന്താനമാണ് എന്ന് പറയാം നമ്മൾ നാട്ടിലൊക്കെ ചിലപ്പോൾ പറയാറുണ്ടല്ലോ നമ്മളെല്ലാവരും എന്താ നമ്മളെല്ലാം ഒരപ്പൻ്റെ മക്കളാണ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ അളവിൽ ശരിയാണ് ഏതർത്ഥത്തിൽ ദൈവമാണ് എല്ലാവരുടെയും സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തെ എല്ലാവരുടെയും പിതാവ് മനുഷ്യകുലത്തിൻ്റെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ ദൈവത്തെ എല്ലാ മനുഷ്യരുടെയും പിതാവ് എന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പിതാവ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം തന്നെ ആ വാക്യങ്ങൾ നോക്കി പുറപ്പാട് പുസ്തകം നാലാമത്തെ ആയ അതിൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ദൈവം അവരുടെ പിതാവാണ് എന്ന് പറയുന്ന ഒരു വാക്യം പല വാക്യങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ഓരോ വാക്യങ്ങൾ മാത്രം നമുക്ക് സമയച്ചുരുക്കത്താൽ നോക്കാം ഇവിടെ ഇതാ ദാവീദ് രാജാവിൻ്റെ അന്ത്യപ്രഭാഷണത്തിൽ താൻ പറയുന്നു ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ ഹോവയെ സ്തുതിച്ചു ചൊല്ലിയത് ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായി ഹോവേ നീ എന്നും വാഴ്ത്തപ്പെട്ടവൻ അപ്പം ഇസ്രായേലിൻ്റെ ഞങ്ങളുടെ പിതാവ് ഇസ്രായേലിൻ്റെ പിതാവും ദൈവവുമായ ഹോവ അപ്പം ഇസ്രായേലിൻ്റെ പിതാവാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപതിൻ്റെ പത്താമത്തെ വാക്യം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പിതാവാണ് പ്രത്യേകിച്ച് ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെ സന്തതികളായ ഇസ്രായേലിൻ്റെ പിതാവാണ് യേശുവിൻ്റെ പിതാവാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം യേശു തന്നെ എന്തോ ചെയ്തിട്ടുണ്ട് യേശു തന്നെ എപ്പോഴും പിതാവേ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്നാൽ എഫ് എ സി എഴുതിയ ലേഖനം അതിൻ്റെ ആദ്യത്തെ വരികളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു വാക്യം യേശുവിൻ്റെ പിതാവാണ് ദൈവം എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് ഒന്നാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് യേശുവിൻ്റെ പിതാവ് ഈ പിതാവാണ് കണ്ടോ നമ്മൾ പറഞ്ഞു വന്നത് ഒന്ന് സകല മനുഷ്യരുടെയും ഈ ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും പിതാവാണെന്ന് പറയാം ഇസ്രായേലിൻ്റെ പിതാവാണെന്ന് നമുക്ക് പറയാം തെറ്റില്ല യേശു കർത്താവിൻ്റെ പിതാവാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇനി നാലാമത് നമുക്ക് എടുത്തു പറയുന്നതും സന്തോഷമുള്ളതുമായ കാര്യം നമ്മുടെ പിതാവാണ് മനുഷ്യകുലത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാം പക്ഷേ നമ്മൾ നമ്മുടെ ദൈവത്തെ പിതാവെയെന്ന് വിളിക്കുമ്പോൾ അത് ഈ ലോകത്തിലുള്ള രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ ഞങ്ങളുടെ ദൈവ ദൈവമായ പിതാവെയെന്ന് പറയുന്നത് പോലെയല്ല നമ്മൾ പറയുന്നത് മറിച്ച് എന്താ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി രക്ഷണപ്രവൃത്തി പൂർത്തിയാക്കി നമ്മളെ രക്ഷിച്ച് നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീണ്ടും ജനനത്തിലൂടെ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ പിതാവായിട്ട് ദൈവം മാറിയിട്ടുണ്ട് ഈ കാര്യമാണ് ഈ നാലാമത്തെ കാര്യമാണ് നമുക്ക് കൂടുതൽ ധൈര്യവും സന്തോഷവും നൽകുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ വാക്യം യോഹനൻ്റെ സുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ നമ്മൾ പറയും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ നമ്മളവനെ കൈക്കൊണ്ടു അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു അല്ലെ വീണ്ടും ജന്മം മാനസാന്തരം എന്തുവാകട്ടെ അങ്ങനെ ദൈവവുമായിട്ടൊരു ടച്ചിൽ വന്നു കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കാൽവറിക്രൂശിലെ പ്രായശ്ചിത്ത ബലിയിൽ വിശ്വസിച്ച് നമ്മൾ അവിടുത്തെ മകനായി തീർന്നു മകനായി തീർന്നപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ സംഭവിച്ചു അവിടുന്ന് നമ്മുടെ പിതാവും ആയിത്തീർന്നു അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ അപ്പം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഈ വലിയവനായ പിതാവ് തൃത്വത്തിൽ ഒന്നാമൻ എന്ന് നമ്മൾ പറയുന്ന ഈ പിതാവ് അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ പിതാവാണ് അത് ലോകമനുഷ്യർ പറയുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് പോലെയല്ല ഇസ്രായേലിന് പറയാം എൻ്റെ പിതാവാണെന്ന് പറയാം യേശു കർത്താവിന് തീർച്ചയായിട്ടും പറയാം പിതാവാണെന്ന് പറയാം പക്ഷെ അതേപോലെ തന്നെ നമുക്കും ധൈര്യത്തോടെ സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ പറയാം അവനെൻ്റെ പിതാവ പിതാവ പിതാവാണ് അതുകൊണ്ടാണ് കർത്താവായി യേശു ക്രിസ്തു എന്ത് ചെയ്തത് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം ആറാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ കർത്താവ് എന്ത് പറഞ്ഞു കർത്താവ് പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ സംബോധന മാറി അതേവരെ ദൈവത്തെ പേടിയോടെ കണ്ടിരുന്നവരെ ഇതാ ഒരു പുതിയ തലത്തിൽ പരിചയപ്പെടുത്തുന്നു പിതാവെ എങ്ങനെയാണ് നമുക്ക് പിതാവിനെ പിതാവേന്ന് വിളിക്കാൻ ഒക്കുന്നത് നമ്മളിപ്പോൾ വായിച്ചതുപോലെ യോഹനൻ്റെ സുവിശേഷം ഒന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ചു അതുകൊണ്ട് സ്വർഗം പറയുന്നു നിങ്ങളെന്താ നിങ്ങളെൻ്റെ മക്കളാ മക്കൾക്ക് അപ്പനെ അപ്പാന്ന് വിളിക്കാൻ പേടിക്കണം വേണ്ട വേണ്ട വഴിയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ആകെ നമ്മളെ കയറി അപ്പാന്ന് വിളിക്കാൻ ആർക്കേ അധികാരമുള്ളൂ നമ്മുടെ മക്കൊക്കെ അധികാരമുള്ളൂ വഴിയേ പോകുന്നവര് പല കാര്യങ്ങൾ നമ്മളെ വിളിക്കും പേര് വിളിക്കും അച്ചായന്ന് വിളിക്കും വേറെ പല കാര്യങ്ങളും വിളിക്കും സാറേന്ന് വിളിക്കും പലതും വിളിക്കും പക്ഷെ അപ്പ അപ്പ എന്നുള്ള ആ സംബോധന ആർക്കു വേണ്ടി മാത്രം സംവരണം ചെയ്തിരിക്കുന്ന സംബോധനയാണ് അത് മക്കൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്തിരിക്കുന്ന സംബോധനയാണ് അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ നമ്മുടെ പിതാവാണ് അവിടുന്ന് എന്നുള്ള ബോധ്യത്തോടെ നമുക്കായിരിക്കാം നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യം ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ ഒന്നിലും എന്താ പറയുന്നത് ദൈവം നമ്മുടെ പിതാവാണ് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടേണ്ടതിന് പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അതുകൊണ്ട് പിതാവിനെക്കുറിച്ച് ഇനിയും ഒരു അകലം വിട്ട ഒരു ചിന്ത വേണ്ട മറിച്ച് എന്താ നമ്മൾ നമ്മുടെ അപ്പനാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ പിതാവേ എന്ന് നമുക്ക് സന്തോഷത്തോടെ സംബോധന ചെയ്യുന്നവരാകണം ഇതേ വരെ ആ പിതാവ് ഇസ്രായേലിൻ്റെ അല്ലെ പഴയ നിയമത്തിൻ്റെ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പ്രാഗൽഭ്യത്തോടെ പിതാവേ എന്ന് വിളിപ്പാൻ ഇടയാകട്ടെ ഗലാത്തർക്കെഴുതിയ ലേഖനം അതിൻ്റെ നാലാം അധ്യായത്തിൽ പൗലോസിനും ഈ ഒരു ഭാരമുണ്ടായിരുന്നു പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് പൗലോസിനും ഈ ഒരു ഭാരമുണ്ടായിരുന്നു നാലിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ അബ്ബാ പിതാവേ നമ്മൾ എന്താ വിളിക്കണം അബ്ബാ പിതാവേ എന്ന് വിളിക്കണം എന്താ ഈ അബ്ബ അബ്ബെന്ന് പറഞ്ഞ എന്താ പിതാവേ എന്നുള്ളത് അതിൻ്റെ ഒഫീഷ്യൽ പേരാണെന്നിരിക്കട്ടെ ഇപ്പോൾ ഒരാള് നമ്മൾ നമ്മുടെ വീട്ടിൽ പിതാവിനെ കയറി പിതാവേ എന്നാരേലും അഭിസംബോധന ചെയ്യാറുള്ളൂ ഏ അപ്പൻ പത്രമൊക്കെ വായിച്ച് ചാരികസേനെ കിടക്ക് അന്നേരം സ്കൂൾ വിട്ടു വരുന്ന മകം വന്നിട്ട് സമ്പൂജ്യനായ പ്രിയ പിതാവേ അങ്ങയോട് ഞാൻ എന്നാണോ സംസാരിക്കുന്നത് അവൻ ആ ഗേറ്റിൽ വരുമ്പോഴേ അപ്പാന്നോ അല്ലെ അച്ചാന്നോ എന്ത് അച്ചാച്ചാന്നോ എന്ത് അവൻ്റെ അവൻ്റെ ഒരു കൊഞ്ചലുള്ള ഒരു വിളിപ്പേരുണ്ട് പിതാവിനെ സംബന്ധിച്ച് അബ്ബ ർ നമ്മളിപ്പോ വായിച്ച നാലിന്റെ ആറിൽ വായിച്ച അബ്ബ ഇല്ലേ ആ അബ്ബെന്ന് പറയുന്നത് മൂലഭാഷയിൽ ആ നിലയിൽ അടുപ്പത്തോടെ സംബോധന ചെയ്യുന്ന പിതാവിനെ സംബോധന ചെയ്യുന്ന വാക്കാണ് അബ്ബ അപ്പൊ നമ്മൾ എന്ത് വേണം നമ്മൾ പിതാവേ നമ്മളിനും പിതാവേന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിതാവിനെ വിളിക്കുന്ന പേരൊക്കെ വിളിക്കാൻ ദൈവത്തെ വിളിക്കാൻ മടിക്കണ്ട കാരണം എന്താ അതൊക്കെ വിളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഡിമസി തോന്നുക ഇൻഡിമസി അങ്ങനെ ഒരു വാക്കിലാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ വിളിക്കാൻ മടിക്കണ്ട എന്ന കലാത്തിർ നാലിൻ്റെ ആറിൽ പൗലോസ് പറയുന്നു അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പിതാവ് അകലെ എങ്ങോ അകലെ എങ്ങോ സ്വർഗത്തിൽ ആകാശത്തിനും നരച്ച താടിയൊക്കെ വെച്ച് ഓ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മുടിയൊക്കെ ആയിട്ടിരിക്കുന്ന ഏതോ ഒരു വിദൂരത്തിലിരിക്കുന്ന ഒരാൾ എന്നുള്ള സങ്കല്പം നമ്മിൽ നിന്ന് മാറിപ്പോണം പരിശുദ്ധാത്മാവിനെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിനേയും കുറിച്ചും പറയുന്നത് പോലെ അടുപ്പത്തോടെ നമ്മുടെ പിതാവാണ് നമ്മുടെ അബ്ബായാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം അവിടുന്ന് മുഴുവൻ ലോകത്തിൻ്റെയും പിതാവാണ് ഇസ്രായേലിൻ്റെ പിതാവാണ് അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പിതാവാണ് അതിനും ഒരു ചുവടുകൂടി അപ്പുറത്ത് നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയണം നമ്മുടെ പിതാവാണ് അതാണ് സത്യം അതുകൊണ്ട് നമുക്ക് പിതാവിനെ പിതാവേ എന്ന് വിളിക്കുന്നതിനെ മടിക്കണ്ട നമുക്ക് വളരെ വേഗത്തിൽ ഈ പിതാവിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നന്മകളെക്കുറിച്ച് വളരെ വേഗത്തിൽ ചിന്തിച്ചതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് വിശ്വാസികളെന്നുള്ള നിലയിൽ ഈ പിതാവ് എന്നുള്ള കാഴ്ചപ്പാട് നമ്മളെ എന്തിലേക്ക് നടത്തണം എന്നൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പിതാവിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുന്നത് യാക്കോബ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ യാക്കോബ് ഒരു കാര്യം പറയുന്നുണ്ട് യാക്കോബിൻ്റെ പുസ്തകം അതിൻ്റെ ഒന്നാമധ്യായം ഒന്നാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുക നമ്മുടെ പിതാവിൻ്റെ അടുത്തു ഇറങ്ങി വരുന്നത് എന്താ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു നമ്മുടെ പിതാവിൽ നിന്ന് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളേ ഉള്ളൂ നല്ല ദാനം തികഞ്ഞ വരം അതൊക്കെയാണ് ഉയരത്തിലുള്ള പിതാവിൽ നിന്ന് നമുക്കുള്ളത് എന്ന് യാക്കോബ് പറഞ്ഞിട്ടുണ്ടല്ലോ ആട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നല്ല ദാനമാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നല്ല ദാനമെന്നും ദൈവത്തിൽ നിന്നുള്ള ഉദവി എന്നും ഒക്കെ പറയുമ്പോൾ ഇന്ന് ആളുകൾ വിചാരിക്കുന്നത് എന്താ ആളുകൾ വിചാരിക്കുന്ന പലപ്പോഴും ഭൗതിക കാര്യങ്ങളോട് ബന്ധപ്പെട്ട കുഞ്ഞു പരീക്ഷയെ ജയിച്ചു അല്ലെങ്കിൽ മോഡ കല്യാണം നടന്നു അല്ലെങ്കിൽ എനിക്ക് പ്രമോഷൻ കിട്ടി ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നല്ല ദാനം എന്നൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ അതിനപ്പുറത്താണല്ലോ കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതെത്ര എത്ര നാൾ നിൽക്കും എഴുപത് ഏറെ ആയാൽ അതിൽ നമ്മിൽ പലരുടെയും കാലം ഒരു നല്ല പങ്ക് കഴിഞ്ഞു ഇനി പത്ത് വർഷമുണ്ടോ അഞ്ച് വർഷമുണ്ടോ രണ്ട് വർഷമുണ്ടോ നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ കൊച്ചു സമയമെന്ന് പറയുന്നത് ഒരു വളരെ വളരെ വളരെ നിസാരമായ ഒരു കാര്യം പോലെ വില്യം മാക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ നേരത്തെ ഇവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കൊറ്റം പറഞ്ഞു ആവർത്തനമാണെങ്കിലും ക്ഷമിക്കുക അതായത് അദ്ദേഹം പറഞ്ഞത് നിത്യതയെന്ന് പറയുന്നത് ഒരു വലിയ കടൽ തീരമാണെന്ന് സങ്കല്പിക്കുക വലിയ കടൽ തീരം വലിയ കടൽ തീരം ബീച്ച് വലിയ തീരെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വലിയ കടൽത്തീരം ഈ കടൽ തീരത്ത് മ നോക്കത്താ ദൂരത്ത് മണലിങ്ങനെ പരന്ന് കിടക്കുക അപ്പോ കുഞ്ഞു ഓടി പോയപ്പോ അവൻ കാല് തന്നെ അവിടെ ഒന്ന് വീണു ഈ ബീച്ചിൽ ഒന്ന് വീണു വീണ് അവൻ മുട്ടയിലെ മണലൊക്കെ തട്ടി കളഞ്ഞ് അവൻ തിരിച്ച് ഏർ വൈക്ലബ്യത്തോടെ കൂട്ടുകാരു വല്ലോ കണ്ടോന്നൊക്കെ നോക്കിയാൽ തിരിച്ച് നടക്കുമ്പോ അവൻ നോക്കുമ്പോൾ കയ്യൽ എന്താ രണ്ട് മണൽത്തരി പറ്റിയിട്ടുണ്ട് രണ്ട് മണൽത്തരി വില്യം മാക്ഡൊണാൾഡ് പറഞ്ഞേക്കുന്നത് പറ്റിയ രണ്ട് മണൽത്തരിയാണ് നമ്മുടെ ജീവിതം ഈ പരന്നുകിടക്കുന്ന മണലാണ് എന്താ നിത്യത നിത്യത ഈ കൈയ്യൽപ്പറ്റിയ രണ്ട് മണൽത്തരിയും ഈ പരന്നു കിടക്കുന്ന നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന ആ ബീച്ചും തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ ഉണ്ട് രണ്ടിലും മണലാണെന്നുള്ള ഒരു ഇതുണ്ട് എന്നാലും ഇത് തമ്മിൽ ഒരു താരതമ്യമില്ലാത്തവണ്ണം എത്രയോ വലുതാണ് ഈ ബീച്ച് കടൽ തീരം എന്ന് ഇതാണ് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് അദ്ദേഹം വളരെ മനോഹരമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളിവിടെയുള്ള നമ്മുടെ ജീവിതത്തിലെ ഈ കൊച്ചു കാര്യങ്ങളില്ലേ അതൊക്കെ എന്താ വിരലെ പറ്റിയ രണ്ട് മണൽ ഉള്ളൂ നമ്മൾ അതിനുവേണ്ടി നിത്യതയെ വിസ്മരിക്കരുത് നിത്യതയെ നമ്മൾ മറക്കരുത് നിത്യതയ്ക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ മുഴുവൻ ഊന്നലും നമ്മുടെ ഫോക്കസ് അതിലായിരിക്കണം അപ്പം തന്നെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ മണൽത്തരി ആവശ്യമാണ് വിരലെ പറ്റിയ രണ്ട് മണൽത്തരി ആവശ്യമാണ് ഇല്ലെന്നല്ല പറയുന്നത് ഇല്ലെന്നല്ല പക്ഷേ അതിൽ നമ്മുടെ ജീവിതത്തെ ഒതുക്കരുത് നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തെയും നമ്മൾ ഇറ്റേണിറ്റിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എപ്പോഴും കിട്ടും എപ്പോഴും കിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ വെളിച്ചങ്ങളുടെ പിതാവ് നമുക്ക് നല്ല ദാനം തരുന്നു എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഈ എഴുപതോ എൺപതോ വർഷത്തെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട ഭൗതിക കാര്യങ്ങളെ അല്ല നമ്മൾ നോക്കേണ്ടത് മറിച്ച് എന്താ നമുക്ക് ഈ വെളിച്ചങ്ങളുടെ പിതാവ് തന്ന നല്ല ദാനം നിത്യതയുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്ന ദാനങ്ങൾ അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് പിതാവ് എന്തോ തന്നു പിതാവിൽ നിന്ന് നമുക്ക് ലഭിച്ച നന്മ എന്താ പിതാവിൽ നിന്ന് നമുക്ക് ലഭിച്ച നന്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു വാക്യം നോക്കാം യോഹനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെക്കുറിച്ച് പറയുന്ന ഒരു പറയുന്നു എന്നെ അയച്ച പിതാവ് താനും അപ്പോൾ യേശുവിനെ ഈ ഭൂമിയിൽ അയച്ചതാരാ യേശുവിനെ ഭൂമിയിൽ അയച്ചതാരാണ് പിതാവാണ് അയച്ചത് യേശുവിലൂടെയാണല്ലോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ സത്യത്തിലേക്ക് വരാനും ഈ രക്ഷയിലേക്ക് വരാനും ഇടയായത് ഈ യേശുവിനെ ഈ പുത്രനെ നമുക്ക് തന്നത് പിതാവാണ് തന്നത് നിത്യതയുമായിട്ട് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു സംഭാവന ഈ പുത്രനാണ് പുത്രനെ അയച്ചത് പിതാവാണ് അതുപോലെ തന്നെ പുത്രനിലൂടെ ദൈവം പല കാര്യങ്ങൾ അരുൾ അരുളി ചെയ്തതായിട്ട് നമ്മൾ എബ്രായർ ലേഖനം നമ്മൾ ആ പുസ്തകം പഠിച്ചതാണ് അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിതാവ് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു അപ്പം പിതാവിനെ അയച്ചത് ആരാണ് ക്ഷമിക്കണം പുത്രനെ അയച്ചത് ആരാണ് പുത്രനെ അയച്ചത് പിതാവാണ് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തേക്കുന്നത് ആരാണ് പിതാവാണ് അരുളി ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ പുത്രനെ ക്രൂശിലും മരിച്ചു അത് അത് ചെയ്തതാരാ ക്രൂശിലും മരിച്ചു അത് നമ്മൾ മനുഷ്യരാ ചെയ്തു മനുഷ്യരാജ് എന്നാൽ ഈ മരിച്ച പുത്രനെ അവിടെ വെച്ച് കാര്യ അവസാനിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിപ്പോയനെ നമുക്കൊരു രക്ഷയില്ലാതായി പോയി എന്നാൽ പിതാവ് എന്ത് ചെയ്തെന്നാണ് അപ്പോസ്ലെ പ്രവർത്തി നാലാമധ്യായത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസ്ലെ പ്രവർത്തി നാലാമധ്യായത്തിൽ നമ്മൾ കാണുന്നത് മരണത്തിൽ നിന്ന് പുത്രനെ ഉയർപ്പിച്ചത് പിതാവാണ് നാലിൻ്റെ പത്താമത്തെ വാക്യം ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ നസയനായ യേശു ക്രിസ്തു അപ്പോസ്ലെ പ്രവർത്തി അപ്പോൾ കണ്ടോ പുത്രനെ അയച്ചത് പിതാവ് പുത്രൻ മുഖാന്തര അരളി ചെയ്തത് പിതാവ് പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് പിതാവ് ഒട്ടേറെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം എങ്കിലും പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം അതിൻ്റെ രണ്ടാമധ്യായം രണ്ടാമത്തെ അപ്പോസ്റ്റല പ്രവർത്തി രണ്ടാമധ്യായം അതിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഈ യേശുവിനെ ഈ പുത്രനെ ദൈവവും കർത്താവും ഈ യേശുവിനെ തന്നെ പിതാവ് ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചു യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചതും പിതാവ് തന്നെയാണ് അപ്പം കണ്ടോ പിതാവ് നമുക്കെന്ത് തന്നു പുത്രനെ തന്നു ഏറ്റവും വലിയ തൻ്റെ അരുമ നമുക്ക് തന്നു തന്നു നമുക്ക് വേണ്ടി അയച്ചു നേരത്തെ ഇത് പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തിട്ട് കാല തികൽ ഈ ഭൂമിയിലേക്ക് അയച്ചു പുത്രൻ മുഖാന്തരം നമുക്ക് വേണ്ട കാര്യങ്ങൾ അരുളിച്ചു ചെയ്തു പുത്രനെ മനുഷ്യകുലം ക്രൂശിച്ചെങ്കിലും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതും പിതാവാണ് അവനെ ഉയർപ്പിച്ച ആ പുത്രനെ നമുക്ക് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചതും ആരാണ് ദൈവമാണ് പിതാവാണ് എന്നുള്ള കാര്യം നമ്മൾ കാണണം അപ്പോ ദൈവ പിതാവ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഉദവി പുത്രൻ തന്നെയാണ് അതുപോലെ തന്നെ ഏഹ് തൃത്വത്തിലെ മൂന്നാമത് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതും ആരാ പിതാവ് തന്നെ തന്നത് യേശു അങ്ങനെ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ആ വാക്യം കണ്ടു യോഹനാന്റെ സുശേഷം പതിനാലാമത്തെ അധ്യായം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവിനോട് ചോദിക്കും പിതാവ് അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പൊ പിതാവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാ പിതാവും പുത്രനെ തന്നു പുത്രനെ അയച്ചു പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു പുത്രൻ മുഖാന്തരം ചെയ്തു ഓക്കെ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളത്തുമായിട്ട് നമുക്ക് തന്നത് പിതാവ് തന്നെയാണ് ഇതാണ് പിതാവ് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്കായി തന്നതിൻ്റെ ഭാഗമായിട്ട് മൂന്നാമതായിട്ട് നമുക്ക് മറ്റൊരു കാര്യം കാണാനായിട്ട് കഴിയും എന്ത് എന്തായി അതുമൂലം നമുക്ക് രക്ഷണ്യപ്രവൃത്തി ദൈവം തയ്യാറാക്കി പിതാവ് തയ്യാറാക്കി എന്നുള്ള കാര്യവും നമുക്ക് വേണ്ടി പിതാവ് ചെയ്ത ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും പിതാവ് ഈ രക്ഷണ്യപ്രവൃത്തി തയ്യാറാക്കിയില്ലായിരുന്നെങ്കിൽ എന്തോ പറ്റിപ്പോയേനെ നമുക്ക് എന്തെങ്കിലും രക്ഷയുണ്ടോ നമുക്കൊരു രക്ഷയും ഇല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ആ ഉദവി രക്ഷ എന്ന് പറയുന്നത് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തന്ന് അതിലൂടെ ക്രമീകരിച്ച രക്ഷാപ്രവർത്തിയ നമ്മൾ എഫ് ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം മുമ്പേ നമ്മൾ വായിച്ചു നാല് മുതൽ നാല് മുതൽ ആ പാരഗ്രാഫ് തീരുന്ന പതിനാലാമത്തെ വാക്യം വരെ എഫ് എ നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പം അവിടെ ഈ രക്ഷാപ്രവൃത്തിയെ കുറിച്ചാണ് അത് ദൈവം ക്രമീകരിച്ചതിനെ കുറിച്ചാണ് പിതാവ് ക്രമീകരിച്ചതിനെ കുറിച്ചാണ് പിതാവ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അവിടെ പറയുന്നത് നാലാമത്തെ വാക്യം നാം തൻ്റെ സന്നിധയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരിഹിതത്തിൻ്റെ പ്രസാദ നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി തന്ന തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുകയില്ല നമ്മളെന്താ വേണ്ടത് ഇതിലെ ഓരോ വാക്കും ധ്യാനപൂർവം പഠിച്ചാലേ എന്തൊക്കെയാണ് ഈ പിതാവ് നമുക്ക് വേണ്ടി ഈ രക്ഷണപ്രവൃത്തിയിൽ തയ്യാറാക്കിയ പദ്ധതി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഊഹം കിട്ടുകയുള്ളു അവിടെ നിന്ന് എന്തോ ചെയ്തു നമ്മളാ നിങ്ങളെ വീട്ടിൽ പോയി അതിൻ്റെ നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ധ്യാനപൂർവ്വം പിതാവ് എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു ഈ രക്ഷയിൽ എന്തെല്ലാം ഒരുക്കി എന്നുള്ള കാര്യം ചിന്തിച്ചാൽ പിതാവ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ ദത്തെടുത്ത് നമ്മളെ മുൻ നമ്മളെ വീണ്ടെടുത്ത് കൃപാധനം തന്ന് നമ്മുടെ പിതാവിൻ്റെ ഹിതമറിയിച്ച് പരിശുദ്ധാത്മാവിനാലും മുദ്രയിട്ട് നമ്മൾ ഇനി എന്തിനു വേണ്ടി കാക്കുന്നു നമ്മളെ എന്നേക്കും തന്നോടുകൂടെ ഇരിക്കാൻ വേണ്ടി ആ കാര്യത്തിനായിട്ട് കാത്തുകൊണ്ടിരിക്കുക ഇത്തിരി കാര്യങ്ങളാണ് അതിൻ്റെ ഓരോന്നും തെരഞ്ഞെടുപ്പെന്ന് പറയുന്നതോ ദത്തെടുക്കുക എന്ന് പറയുന്നതോ മുൻ എന്ന് പറയുന്നതോ വീണ്ടെടുപ്പെന്ന് പറയുന്നതോ ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും എത്രയോ നേരം നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എങ്കിലും നമുക്ക് പറയാം ഇതെല്ലാം ആര് ചെയ്തു ഈ രക്ഷണപ്രവർത്തിയുടെ ഡീറ്റെയിൽസ് ആര് ചെയ്യുമായിരുന്നു വർക്കൗട്ട് ചെയ്യുകയായിരുന്നു പിതാവ് വർക്കൗട്ട് ചെയ്യുമായിരുന്നു അതെപ്പോഴാണ് നാല് ഒന്ന് എഫ് എ സി ആർ ഒന്നിൻ്റെ നാലിൽ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ പണ്ടൊരു ദേവദാസൻ ചോദിച്ചു കുഞ്ഞുങ്ങളോട് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണർന്നിരിക്കുമല്ലോ ഏഹ് ബൈബിളിലെ ആദ്യത്തെ വാക്യം ആർക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന തോമസ് കുട്ടി എണ്ണീറ്റ് പറഞ്ഞു ആ അങ്കിളെ ഞാൻ പറയാം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ സൺഡേ സ്കൂളിൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആലീസ് കുട്ടി എണ്ണീറ്റ് പറഞ്ഞു അങ്കിളെ ഞാന് പറയാം എഫ് എസ് സി ഒന്നിന്റെ എന്ന് പറഞ്ഞു അപ്പോൾ സാറെ ചെയ്തു സമ്മാനം ആർക്കും കൊടുത്തു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആലീസ് കൊടുത്തു തോമസ് കൊടുത്തില്ല മനസ്സിലായോ നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നത് ബൈബിളിലെ ആദ്യത്തെ വാക്യം ഏതാണ് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അതല്ലേ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് എന്നാൽ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിനും മുമ്പ് ഒരു വാക്യമുണ്ട് അതാണ് ആ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സൺഡേ സ്കൂളിൽ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അത് മനസ്സിലാക്കി അവൾ നിന്നിട്ട് എന്തോ പറഞ്ഞു അവൾ പറഞ്ഞു ലോകസ്ഥാപനത്തിനു മുമ്പേ ലോകസ്ഥാപനത്തിനു മുമ്പേ ലോക സ്ഥാപനത്തെക്കുറിച്ച് എവിടെ പറയുന്നത് ഉൽപ്പത്തി ഒന്നിൻ്റെ പറയുന്ന ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ലോകം സൃഷ്ടിച്ചു ലോക സ്ഥാപനത്തിന് മുമ്പേ നടന്ന കാര്യത്തെക്കുറിച്ച് എവിടെ പറഞ്ഞിരിക്കുന്നു എഫ് എ സി ഒന്നിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നു അപ്പം എഫ് എ സിയർ ഒന്നിൻ്റെ നാലാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിനും മുമ്പ് കൊണ്ടുവന്ന് വയ്ക്കേണ്ടത് എന്ന പറഞ്ഞു നമ്മൾ രാവിലെ പഠിച്ച സഹന്യാവ് ആ വാക്യത്തോട് ചേർത്ത് നോക്കുക ഓ അവിടുന്ന് നിശബ്ദതയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ലോകമെല്ലാം ഉണ്ടായി ചിലപ്പം പറയില്ലേ ദൈവത്തെ ആളുകൾ ചിലപ്പം തമാശയാക്കി പറയല് ദൈവത്തിന് എന്തെല്ലാം പാടാണ് ഈ ഇത്രയും മനുഷ്യൻ്റെ കാര്യം നോക്കണം പക്ഷിമൃഗാദികളുടെ കാര്യം നോക്കണം കരയുന്ന കാക്കക്കുഞ്ഞ് ഒരു കാക്ക കുഞ്ഞ് നമ്മുടെ ദൃഷ്ടിയിലൊന്നുമില്ല കരയുന്ന കാക്ക കുഞ്ഞിനും അതിൻ്റെ കൊടുക്കുന്ന ആരാധകർ താങ്ങൂറ് അപ്പം ദൈവത്തിൻ്റെ ജോലി നോക്ക് അധ്വാനഭാരം നോക്ക് ദൈവത്തിനൊരു വിശ്രമമില്ല ലോകത്തെ സൃഷ്ടിച്ചപ്പം തുടങ്ങി ഈ മനുഷ്യൻ്റെയൊക്കെ പ്രാർത്ഥന കേൾക്കണം ഓരോരുത്തർ എന്തെല്ലാം ആവശ്യങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഇവിടെ പകൽ സമയമായിരിക്കുമ്പോൾ മറ്റൊരിടത്ത് രാത്രി ഇവിടെ ഉള്ളവർ ഉറങ്ങുമ്പോൾ മറ്റവരെല്ലാം കൂടെ പിന്നെ പ്രാർത്ഥന തുടങ്ങും ഇതെല്ലാം കേൾക്കണം ഈ പ്രാർത്ഥനയെല്ലാം കേൾക്കണം ഇതിനെല്ലാം ഉത്തരം കൊടുക്കണം എന്നാൽ ഈ കാക്ക കുഞ്ഞിൻ്റെ കാര്യം നോക്കാനെങ്കിലും ആരുണ്ടോ ഇല്ല അതിന് തീറ്റ കൊണ്ട് കൊടുക്കുന്നതും അപ്പം നോക്ക ഈ ലോകം സൃഷ്ടിച്ച സമയം മുതൽ ദൈവത്തിന് എന്തില്ല ഒരു സ്വസ്ഥതയില്ല എന്ന് നമ്മൾ തമാശയാക്കി പറയും പക്ഷെ അപ്പോൾ അതിനു മുമ്പോ അതിനു മുമ്പും അതിനു മുമ്പ് ദൈവത്തിന് ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു ആ സ്വസ്ഥതയിൽ ദൈവം എന്തോ ചെയ്യുമായിരുന്നു ദൈവം സഹോദര സഹോദരി എനിക്കും നിനക്കും വേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു എന്താ പ്ലാൻ ചെയ്തത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ നമ്മളെ കണ്ടു നമ്മളെ മുൻനിമിച്ചു പ്രീ ചെയ്തു നമ്മളെ മുൻനിർണ്ണയിച്ചു അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാം ആരാ ചെയ്തത് പിതാവാണ് ചെയ്തു ഈ രക്ഷണ പ്രവൃത്തി ക്രൂശിൽ വന്ന് മരിച്ചത് നമ്മൾ പറഞ്ഞു പുത്രനാ ചെയ്തതെന്ന് പറഞ്ഞു യേശു ആണ് ആ റോള് നിർവഹിച്ചത് എന്ന് പറഞ്ഞു പക്ഷേ ഈ പദ്ധതി തയ്യാറാക്കിയതാര ഈ കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചതാരാ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എഫ് എസ് എൽ കയ്യിൽ എങ്ങനെ നാല് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ പിതാവ് അവിടെ ഓരോ ഓരോ സമയത്തും ഇതിൻ്റെ അകത്തെ ഓരോരുത്തരെ കൊണ്ടുവന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം യേശുക്രിസ്തു മുഖാന്തരം യേശു ക്രിസ്തുവിനെ കൊണ്ടുവരേണ്ട അടുത്ത് അവിടെ അതും പിതാവ് പ്ലാൻ ചെയ്യുന്നു അതിൻ്റെ ഒടുവിലത്തെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് പരിശുദ്ധാത്മാവിനാൽ കണ്ടോ ഈ തൃത്വത്തിലെ മറ്റ് രണ്ട് ആളത്വങ്ങളെ കൂടെ ഈ രക്ഷണപ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടടുത്ത് കൊണ്ടുവന്ന് ഇത് അതിൻ്റെ ടോട്ടാലിറ്റിയിൽ പ്ലാൻ ചെയ്തത് പിതാവാണ് ആ പിതാവ് ആ പിതാവ് സഹോദര നിന്നെ ലോക സ്ഥാപനത്തിനു മുമ്പേ കണ്ടു എന്തൊരു അത്ഭുതം നമ്മളില്ല അന്ന് നമ്മളിപ്പോഴാ ഉള്ളത് നമ്മുടെ അപ്പനും ഇല്ല വല്യപ്പനും ഇല്ല വല്യപ്പന്റെ വല്യപ്പനും ഇല്ല എത്രയെത്ര ലോകം തന്നെ ഇല്ല അതിനു മുമ്പ് നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതിരുന്നപ്പോ നമ്മളെ കണ്ടു നമ്മളെ തെരഞ്ഞെടുത്തു നമ്മളെ മുൻ എന്ന് പറയുമ്പോ അതിൻ്റെ അത്ഭുതം നമ്മൾ നിത്യതെ ചെന്ന് നിത്യകാലം ചിന്തിച്ചാലും ഈ അത്ഭുതം മാറുന്നു എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു നന്മയുണ്ടായിട്ടാണോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടാണോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അസ്തിത്വം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഗുണവും ഇല്ലാഞ്ഞിട്ടും മുമ്പേ പ്ലാൻ ചെയ്ത് നമ്മളെ കൂടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽപ്പെടുത്തി മുൻ നിർണ്ണയിക്കേണ്ടവരുടെ ലിസ്റ്റിൽപ്പെടുത്തി ദത്തെടുക്കേണ്ടവരുടെ ലിസ്റ്റിൽപ്പെടുത്തി ആരായിത് ചെയ്തത് പിതാവ് പിതാവ് പിതാവിനോട് നമുക്ക് സത്യത്തിൽ നന്ദി വേണ്ടേ അടുപ്പം വേണ്ടേ പിതാവ് അകലെങ്ങോ ഇരിക്കുന്ന ഒരാളായിട്ട് ഇനി ചിന്തിക്കല്ലേ പ്രിയപ്പെട്ടവരെ ഈ രക്ഷണ പ്രവൃത്തിയിൽ നമ്മളെ മുൻപിൽ നമ്മളെ ലോക മുമ്പേ കണ്ടവൻ പിതാവാണ് അത് വർക്കൗട്ട് ചെയ്തത് പുത്രനും പരിശുദ്ധാത്മാവുമൊക്കെയാണ് തീർച്ചയായിട്ടും എന്നാൽ നമുക്ക് കൂടുതൽ ഒരു അടുപ്പമുണ്ടാകാൻ വേണ്ടി ഞാനിതിനെ മൂന്നായിട്ട് തിരിച്ച് പറയുമ്പോൾ പിതാവ് ചെയ്ത ഒരു പ്രവൃത്തിയെ നമ്മൾ മറന്നു പോകല്ലേ അതിനെ അംഗീകരിക്കാതിരിക്കല്ലേ അതിനോട് നന്ദിയില്ലാതിരിക്കല്ലേ പിതാവ് അകലെയുള്ള ഏതോ ഒരു അപരിചിതനെ പോലെ തോന്നല്ലേ ഇനി പിതാവാണ് ഇത് പ്ലാൻ ചെയ്തത് ഹാലേലുയ്യ അതിൻ്റെ അകത്ത് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം കൊണ്ടുവന്ന് അവിടുന്ന് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം നമുക്ക് സന്തോഷമായ കാര്യമാണ് അതുപോലെ തന്നെ പിതാവെന്തോ ചെയ്യുന്നു പിതാവ് നമ്മളെ ഇന്ന് കരുതുന്നു കാക്കുന്നു നമ്മളെ മുന്നോട്ട് നടത്തുന്നു നമ്മൾ മുമ്പേ പറഞ്ഞു ഭൗതികമായ കാര്യമൊന്നും അത്ര പ്രധാനമല്ലെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം രണ്ട് കാലേ നടക്കുന്ന മനുഷ്യരെന്നുള്ള മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളെന്നുള്ള ഓ ഒരു മിനിറ്റിൽ പതിനേഴ് പ്രാവശ്യം ശ്വാസോച്ഛാസം ചെയ്യുന്ന ആളുകളെന്നുള്ള നമ്മൾ കാൽ ഈ തന്നെ ഉറപ്പിച്ച് നടക്കുന്നു ഈ ജീവിതവും പ്രധാനം തന്നെയാണ് അതിൻ്റെ അകത്തെ ആവശ്യകതകളെ നിഷേധിക്കുന്ന ഒരു സൂപ്പർ സ്പിരിച്വൽ കാര്യമല്ല ഞാൻ പറയുന്നത് ഇതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ വേണം നമ്മളോട് സ്നേഹം കാണിക്കുന്ന കരുണ കാണിക്കുന്ന നമ്മെ കരുതുന്ന നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരാൾ നമുക്ക് വേണം പിതാവനെ ആ നിലയിൽ സങ്കീർത്തനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക നമ്മളോട് കരുണയോടെ പെരുമാറുന്ന നമ്മളെ സ്നേഹിക്കുന്ന അങ് നമ്മളോട് ദയമുള്ളവനായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കരുണയും കൃപയും നൽകി പരിപാലിച്ച് വഴി നടത്തുന്ന നല്ലവനായ ദയുള്ളവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ആ പിതാവിനെയാണ് നമ്മൾ കാണുന്നത് പിതാവിനെയാണ് കാണുന്നത് അപ്പം പിതാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പിതാവ് ഉള്ളത് നമുക്ക് വേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും ഈ പിതാവ് പിതാവിലെന്തുണ്ട് പിതാവിൽ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് അവിടുന്ന് സർവജ്ഞാനിയാണ് സർവശക്തനാണ് അവിടുന്ന് അവിടുന്ന് ആ നിലയിൽ ദൈവമാണ് ദൈവത്വത്തിൻ്റേതായ ഒത്തിരി കാര്യങ്ങൾ തന്നിലുണ്ട് ഈ ദൈവത്വത്തിൻ്റേതായ കാര്യങ്ങളുള്ളപ്പം തന്നെ ദൈവത്വത്തിൻ്റേതല്ലാത്ത വേറെ ധാർമ്മികമായ ഒത്തിരി ഗുണങ്ങളും ദൈവത്തിനുണ്ട് അപ്പോൾ ദൈവത്തിനുള്ള ഗുണങ്ങളെ രണ്ടായിട്ട് തിരിക്കാം ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ദൈവത്തിനുള്ള ഗുണങ്ങളെ രണ്ടായിട്ട് ബൈബിൾ തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിച്ച് ചിന്തിക്കാനും ഇപ്പോൾ ദൈവം സർവജ്ഞാനിയാണ് സർവ്വശക്തനാണ് അവിടുന്ന് നിത്യനാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടുത്തെ ഇറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട ആട്രിബ്യൂട്ട്സ് അവിടുത്തെ ഗുണങ്ങൾ എന്നാൽ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ദൈവത്തിന് വേറെ ചില ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താ അവിടുന്ന് പരിശുദ്ധനാണ് അവിടുന്ന് സ്നേഹവാനാണ് അവിടുന്ന് സൽഗുണപൂർണനാണ് ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ധാർമ്മികമായ ഗുണങ്ങളെക്കുറിച്ചും ബൈബിൾ വെളിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ മനസ്സിലായല്ലോ ദൈവത്തിന് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് നിത്യതയുമായി ബന്ധപ്പെട്ട ഓ അവിടുന്ന് നിത്യനാണ് അവിടത്തേക്ക് മരണമില്ല അവിടുത്തെ നിന്ന് സർവജ്ഞാനിയാണ് സർവശക്തനാണ് ഇങ്ങനെ നിത്യതയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളുണ്ട് ധാർമ്മികതയുമായിട്ടും മോറ മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങളുണ്ട് എന്തൊക്കെയാണ് വിശുദ്ധനാണ് സ്നേഹവാനാണ് ഗുണങ്ങളുള്ളവനാണ് ക്ഷമാലുവാണ് ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ദൈവം എന്താഗ്രഹിക്കുന്നു ദൈവം ീ ധാർമ്മിക ഗുണങ്ങൾ ദൈവത്തിൻ്റെ ധാർമിക ഗുണങ്ങൾ നമ്മിലേക്ക് പകരാൻ ദൈവം ആഗ്രഹിക്കും ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ ഗുണങ്ങൾ നമ്മിലേക്ക് തരാനൊക്കെയല്ല നമ്മളെ എന്ത് ചെയ്യാനൊക്കെ നമ്മളെ മരണമില്ലാത്തവരാക്കാനോ നമ്മളെ സർവജ്ഞാനികളാക്കാനോ സർവ്വശക്തരാക്കാനോ ഒന്നും ആ നിത്യതയുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ നമ്മിലേക്ക് പകരാൻ ദൈവം എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താ ഈ ദൈവത്തിൻ്റെ ധാർമിക ഗുണങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്കും ഉണ്ടാവണം ദൈവത്തിൻ്റെ സ്നേഹം നമുക്കും ഉണ്ടാവണം ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ അത് നമുക്കും ഉണ്ടാവണം ദൈവം അത് ആഗ്രഹിക്കും ദൈവം പറയുമ്പോൾ പിതാവ് അതാഗ്രഹിക്കുന്നു നമുക്ക് അത്തരം ചില വാക്യങ്ങൾ വളരെ വേഗത്തിൽ നോക്കി അതിനെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം ഒന്ന് ഒന്നാമധ്യായത്തിൻ്റെ ഒന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകു നമ്മൾ മക്കളാണ് അപ്പോൾ അവിടുന്ന് പിതാവാണ് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എഴുതിയിരിക്കുന്നുവല്ലോ മുഖപക്ഷം കൂടാതെ ഓരോരുത്ത പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി പ്രിയപ്പെട്ടവര് നമ്മൾ ഈ വായിച്ച പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ അത് പിതാവുമായി ബന്ധപ്പെട്ട വാക്യമാണ് ആ വാക്യത്തിൽ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് കണ്ടോ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ വിശുദ്ധരായിരിപ്പീൻ ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ഒരു കോട്ടാണ് നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഇത് വായിച്ചു എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവത്തിൻ്റെ പരിശുദ്ധി ആ പരിശുദ്ധി നമ്മളും കയ്യാളണം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകണം കണ്ടോ ദൈവത്തിൻ്റെ വിശുദ്ധി പിതാവിൻ്റെ ആ വിശുദ്ധി നമ്മൾ പ്രാപിക്കണം എന്ന് പറയുന്ന ഒരു വാക്യമാണ് പിതാവിൻ്റെ ഈ വിശുദ്ധി നമ്മൾ താനെ ഏതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു പുത്രനിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് വേറെ കാര്യം ഒരു വേദപണ്ഡിതൻ ഇങ്ങനെ പറയാറുണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക് ഈ വലിയ നട്ടുച്ച സൂര്യനെ എന്ത് ചെയ്യാൻ ഒക്കെയില്ല കണ്ണും കൊണ്ട് നോക്കാനൊക്കെയില്ല എന്നാൽ ഈ സൂര്യൻ്റെ അതേ പ്രകാശം അതേ തീഷ്ണത നമുക്കെന്ത് ചെയ്യാൻ ഒക്കും ഒരു ലെൻസ് വെച്ചിട്ട് ഈ സൂര്യരശ്മികളെ ആ ലെൻസിലൂടെ ഒരു പഞ്ഞിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ കത്തിക്കുമ്പം നമുക്കെന്തോ നോക്കാനൊക്കും ഈ ലെൻസിൽ നോക്കാൻ ഒക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഈ നട്ടുച്ച സൂര്യനെ പോലാണ് പിതാവ് ആ പിതാവിന്റെ പരിശുദ്ധി പിതാവിന്റെ സ്നേഹം അതൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറത്താണ് നമ്മുടെ സങ്കല്പത്തിന്റെ പരിമിതി അറിയാവുന്ന ദൈവം എന്ത് ചെയ്തു പുത്രനെ ഭൂമിയിലേക്ക് വിട്ട് നമുക്ക് തുല്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് വിട്ട് ഈ സൂര്യരശ്മികളെ ലെൻസിലൂടെ കൊണ്ടുവരുന്നത് പോലെ അതേ സൂര്യരശ്മി തന്നെയാണ് പക്ഷെ ലെൻസിലൂടെ വരുമ്പോ നമുക്ക് നോക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞതുപോലെ പുത്രനിലൂടെയാണ് ഈ വിശുദ്ധിയും സ്നേഹവും പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണെങ്കിലും ഇവിടെ നമ്മൾ വായിച്ചത് എന്താ ജ്ഞാന വിശുദ്ധനാകിയാൽ വിശുദ്ധരായിരിപ്പീൻ എന്ന പിതാവ് പറയുമ്പോൾ പിതാവ് പുത്രനിലൂടെ കാണിച്ചു തന്ന ആ വിശുദ്ധി നമ്മിലേക്ക് പകരപ്പെടാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ പിതാവ് തൻ്റെ സ്നേഹം പിതാവിനുള്ള ആ സ്നേഹം അത് നമുക്കുണ്ടാകണം എന്ന പിതാവ് ആഗ്രഹിക്കുന്നു ഒന്ന് യോഹ ഞാൻ നാലാമധ്യായം നാലാമധ്യായം അതിൻ്റെ ഏഴുമിട്ടും വാക്യങ്ങൾ നോക്കുക ഏഴുമിട്ടും വാക്യങ്ങളിൽ പ്രിയമുള്ളവരെ നാം അന്യോന്യസ്നേഹിക്കുക സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുകയും ചെയ്യുന്നു അപ്പം ദൈവം സ്നേഹമാണ് അതിൻ്റെ താഴെയൊക്കെ പറയുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം തന്നെയാണ് അപ്പം ദൈവം സ്നേഹമാണ് ദൈവത്തിന് എന്തുണ്ട് സ്നേഹമുണ്ട് ആ സ്നേഹം നമ്മളും കയ്യാളണം നമ്മളും അന്യോന്യ സ്നേഹിക്കണം നമ്മളും പിതാവിൻ്റെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നു മത്തായി എഴുതിയ സുവിശേഷത്തില് കർത്താവ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം അത് നമ്മൾ നോക്കുമ്പോ അഞ്ചാമത്തെ അധ്യായം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളില് പർവ്വതപ്രസംഗം പരന്നു കിടക്കുകയാണല്ലോ എങ്കിലും അതിലെ ആദ്യത്തെ അധ്യായം പറഞ്ഞ് കർത്താവ് അവസാനിപ്പിക്കുമ്പോൾ നാൽപ്പത്തിയെട്ടാമത്തെ വാക്യം അഞ്ചിൻ്റെ നാൽപ്പത്തെട്ട് ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് നിങ്ങളും സൽഗുണപൂർണനാകും കണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് പിതാവിനോടുള്ള ബന്ധത്തിൽ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നമ്മളും നമ്മളും പിതാവിൻ്റെ ആ സൽഗുണങ്ങള് നമുക്കും ഉണ്ടാകണം പിതാവ് പിതാവെന്നാണ് യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അപ്പോൾ പിതാവിൻ്റെ ഗുണങ്ങൾ പിതാവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വളരെ വേഗത്തിൽ രണ്ട് മൂന്ന് വാക്യങ്ങൾ മാത്രം എടുത്തു നോക്കി മറ്റേതൊന്നും നോക്കാൻ നമുക്ക് സമയമില്ല ഒന്ന് പിതാവ് വിശുദ്ധനാണ് പിതാവ് സ്നേഹവാനാണ് പിതാവിൻ്റെ സൽഗുണങ്ങളുണ്ട് ഇതൊക്കെയും നമ്മിൽ പകരാൻ പിതാവ് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പകരാനൊക്കുന്നത് നമുക്ക് എങ്ങനെ ഇത് നേടാനായിട്ട് കഴിയും ഞാൻ ഒരു ഒരു പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം നമുക്ക് നോക്കാം നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ഒരു വാക്യമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പം നമ്മൾ പറഞ്ഞു വച്ചേക്കുന്നത് പിതാവിൻ്റെ ഈ സൽഗുണങ്ങൾ ധാർമ്മികമായ ഗുണങ്ങൾ വിശുദ്ധി സ്നേഹം ഓ സൽഗുണം ഇതൊക്കെ നമുക്ക് വേണം നമുക്ക് വേണം ഇതെങ്ങനെ നേടാൻ കഴിയും നേടാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കണം അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വാക്യം നമുക്ക് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ കാണാനായിട്ട് കഴിയും അവിടെ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം മോശ ദൈവത്തോട് പറയുന്നു മോശ ദൈവത്തോട് പറയുന്നു നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ അപേക്ഷിക്കും നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം നിൻ്റെ ഗ്ലോറി നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം ഉടനെ അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ദൈവം അതിന് പറയുന്ന മറുപടി എന്താ ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുൻപാകെ കടക്കുമാറാക്കി യോഹയുടെ നാമത്തെ നിൻ്റെ മുൻപാകെ ഘോഷിക്കും മോശ എന്തുവാ ചോദിച്ചത് തേജസ് കാണിച്ചു തരണേന്ന് പറഞ്ഞു ഉടനെ ദൈവം എന്തോ പറഞ്ഞു ഞാൻ ചെയ്യാം ഞാൻ എൻ്റെ മഹിമ മഹിമ എന്ന മലയാളത്തിൽ നമ്മളിവിടെ വായിക്കുന്നത് ഇംഗ്ലീഷിൽ ഗുഡ്നസ് ഗുഡ്നസ് സൽഗുണപൂർണൻ എന്ന് പറഞ്ഞിടത്തെ ആ ഗുഡ്നസ് ആണ് ഇവിടെ മഹിമ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എന്താ അർത്ഥമെന്താ മോശം ചോദിച്ചത് നിൻ്റെ തേജസ് കാണിച്ചു തരണം ദൈവം പറയുന്നു കാണിച്ചു തരാമല്ലോ ഞാൻ എൻ്റെ ഗുണങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ എന്താ ഗുണമാണ് തേജസ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ നിന്റെ മുമ്പിൽ കടക്കുമാറാക്കി നിന്നെ കാണിച്ചു തരാം എന്ന് ദൈവം അവിടെ പറയുന്നു എന്നിട്ട് ദൈവം എന്ത് ചെയ്യുന്നു അതിൻ്റെ മുപ്പത്തി ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ക്ഷമിക്കണം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആറാമത്തെ വാക്യം എന്തോ പറഞ്ഞു ദൈവം പത്തൊൻപതാം വാക്യത്തിൽ എന്ത് പറഞ്ഞു ഞാനെൻ്റെ നന്മയൊക്കെയും ഗുഡ്നെസ്സൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി നിന്നെ കാണിച്ചു തരാം തേജസ് എന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ മുപ്പത്തിനാലിൻ്റെ ആറിൽ യഹോവാ അല്ലെങ്കിൽ പിതാവ് അവന്റെ മുൻപാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ പിന്നീടുള്ളത് കൊട്ടേഷനെ വായിക്കണേ യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തയും ഉള്ളവൻ ആയിരം ആയിരത്തിന് ദയ പാലിക്കുന്നവൻ ആകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ എന്ന് പറഞ്ഞ് അവിടെ പല കാര്യങ്ങൾ പറയുക ഇതെല്ലാം കേട്ടിട്ട് മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അപ്പോ ദൈവത്തിന്റെ ഗുഡ്നസ് ഒക്കെ ഞാൻ നിന്റെ മുമ്പാകെ കടത്തി വിടാമെന്ന് പറഞ്ഞു ദൈവം അതിനെ കടത്തി വിട്ടുകൊണ്ട് പറയുക കണ്ടോ ദൈവം ആരാ ദൈവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ ദൈവം കരുണയുള്ളവൻ കൃപയുള്ളവൻ ദീർഘക്ഷമയുള്ളവൻ മഹാദേവ വിശ്വസ്തൻ എന്നെല്ലാം ഇവന്റെ മുൻപാകെ ഇത് ഘോഷിച്ചു ഘോഷിച്ചു ഇതാണ് എൻ്റെ സൽഗുണങ്ങൾ ഈ സൽഗുണങ്ങളാണ് എൻ്റെ തേജസ് ഈ തേജസ് നിനക്ക് വേണോ മോശയ്ക്ക് ആഗ്രഹമുണ്ട് ദൈവ നിന്റെ തേജസ് നിന്റെ മുഖം എനിക്കൊന്ന് കാണണം ഉടനെ എന്താ പറയുന്നു മുപ്പത്തിമൂന്നിന്റെ ഇരുപതാമത്തെ വാക്യം നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നെ കൽപ്പിച്ചു എന്നെ എൻ്റെ തനിമയിൽ എൻ്റെ മുഖം കണ്ടാൽ പിന്നെ ആർക്കും എന്തോ പറ്റുകയില്ല ജീവനോട് ഇരിക്കാനൊക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വയത്തിൻ്റെ ഒരു മരണമുണ്ടാകണം ആ മരണമുണ്ടായാലേ എൻ്റെ തേജസ് എൻ്റെ നിനക്ക് കൈയാളാനായിട്ട് കഴിയുള്ളു എന്നാണ് ഇവിടെ പറയുന്നത് മോശയോടെന്തോ ചെയ്തു മോശയ്ക്ക് എന്നാലും താല്പര്യം അതുകൊണ്ട് ദൈവം അവനെ കൈകൊണ്ട് അവനെ മറച്ച് ആ അവൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം പഴയ നിയമത്തിൽ പഴയ നിയമഭക്തനായ മോശയെ കാണിക്കുന്നതാണ് നമ്മളവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ എന്തായി പറഞ്ഞു വരുന്നത് നമ്മൾ പിതാവിൻ്റെ വിശുദ്ധിയും പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ സൽഗുണപൂർണതയും ഉള്ളവരാകണം എന്ന് പിതാവ് ആഗ്രഹിക്കുമ്പം അതിലേക്കുള്ള വഴി എന്താ അതിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഈ തകർച്ചയിലൂടെയാണ് ഒരു മരണത്തിലൂടെയാണ് എന്നെ കണ്ട ഒരുത്തന് പിന്നെന്ത് ചെയ്യാൻ കഴിയില്ല ജീവനോടെ ഇരിപ്പാൻ കഴിയയില്ല അങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലുള്ള ഒരു തകർച്ചയിലൂടെ കടന്നു പോകാതെ ഈ ദൈവത്തിൻ്റെ തേജസ് ഈ ദൈവത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളിത് പറയുമ്പോൾ മറ്റ് പല പഴയ നിയമഭക്തന്മാരുടെയും പുതിയ നിയമഭക്തന്മാരുടെയും അനുഭവങ്ങൾ ഓർത്തുപോകും യാക്കോബ് യാക്കോബ് എന്തു ചെയ്തു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത് എന്തു ചെയ്തു അവനൊരു പുരുഷനുമായിട്ട് യാബോക്ക് കടവിൽ മല്ലുപിടിച്ചു മല്ലുപിടിച്ചു എന്നിട്ട് പറഞ്ഞു ആ നിന്നെ കാണാനായിട്ടുള്ളൊരു താല്പര്യമുണ്ട് പക്ഷേ വിളിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു എനിക്ക് പോകണം ആ പുരുഷൻ അവരോട് മല്ലു പിടിച്ച പുരുഷൻ എന്ന് ദൈവമാണ് മൂലഭാഷയിൽ ദൈവത്തിനുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത് പുരുഷനെന്ന് പറയുന്നു ഒടുവിൽ എന്തു പറ്റി യാക്കോവ് പറഞ്ഞു എനിക്ക് നേരം വെളുത്ത് കഴിഞ്ഞ് ഞാൻ നിന്നു പോയിട്ട് മല്ലുപിടിച്ച് നിൽക്കും ഉഷസാകും വരെ അപ്പോൾ പറഞ്ഞു ഉഷസായി കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ടാൽ നീ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനുമായിട്ട് മൽപിടുത്തത്തിൽ ഒടുവിൽ എന്തു ചെയ്തു അവൻ്റെ തുടയുടെ തടം തൊട്ട് അവനെ ആ നിലയിൽ മുടന്തനാക്കി മാറ്റി കണ്ടോ അവൻ്റെ ജീവിതത്തിൽ എന്നെന്നും അവനൊരു മുടന് സമ്മാനിച്ചുകൊണ്ട് അവന് എന്നെന്നും ഒരു തകർച്ചയുടെയോ ഒരു മരണത്തിൻ്റെയോ പ്രതീകമായിട്ട് ആ നിലയിൽ ഒരു മുടന് സമ്മാനിച്ചുകൊണ്ട് ഈ പുരുഷൻ മല്ലു പിടിച്ചിട്ട് പോകുന്നു എന്നിട്ട് അവൻ്റെ പേര് മാറ്റുന്നു ഈ കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യാക്കോബ് എന്ത് ചെയ്തു യാക്കോബ പിന്നെ പിന്നീട് താന് നമ്മൾ എബ്രായർ കഴിഞ്ഞ ലേഖനം പതിനൊന്നിൽ വായിക്കുമ്പോൾ യാക്കോബിനെ കുറിച്ച് പിന്നെ പറയുന്ന അവൻ വടിമേൽ ചാരിക്കൊണ്ട് പിന്നെ ജീവിതത്തിൽ ഉടനീളം അവനൊരു വടി ആവശ്യമായിരുന്നു അതിനു മുമ്പോ അതിനു മുമ്പോ അവന് വടി വേണ്ട ഏ കാരണം അവൻ വടി വയ്ക്കുന്നിടത്ത് കുട വയ്ക്കാത്ത ആളായിരുന്നു നമ്മൾ നമുക്കറിയാം യാക്കോബിൻ്റെ ജീവിതം എന്തായിരുന്നു ഇതുപോലെ കൗശലക്കാരനൊരാളില്ല അപ്പനെ കളിപ്പിച്ചു ചേട്ടനെ കളിപ്പിച്ചു സാധാരണ അമ്മായിയപ്പന്മാരെ കളിപ്പിക്കാൻ വലിയ പാടാണ് അമ്മായിയപ്പനെ കളിപ്പിച്ചു കളിപ്പിക്കാത്ത വലിയൊരു ഉണ്ടോ അത്ര കൗശലക്കാരൻ അവൻ രണ്ട് കാലിൽ ഉറച്ചു നിന്ന് ജീവിച്ചവനാണ് ഇപ്പോഴോ ദൈവമായിട്ട് ആ ഒരു മുഖാമുഖം വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്തായി തീർന്നു പിന്നീട് അവനൊരു വടി ആവശ്യമുള്ളവനായി നിന്നു ഈ പഴയ നിയമഭക്തനായ ഈയോബ് ഈയോബിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ടല്ലോ ഈയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ നമ്മളെടുത്ത് വായിക്കുന്നില്ല യോബ് പറയുന്നു ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ അവസാനം ഞാൻ എന്തോ ചെയ്തു ഞാൻ നിന്നെ മുഖാമുഖമായിട്ട് കണ്ടു അതിൻ്റെ ഫലം എന്താ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുതു വയ്ക്കുന്നു കണ്ട ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തില്ല നമ്മൾ നമ്മളെ തന്നെ വെറുക്കും എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമുക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമുക്കൊരു വിശ്വാസമില്ല അതുവരെ നമ്മുടെ ഏറ്റവും വലിയ ആളാരായിരുന്നു നമ്മൾ തന്നെ ആയിരുന്നു നമ്മൾ തന്നെ ആയിരുന്നു ഏ നമ്മൾ തന്നെ ആയിരുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ പക്ഷേ ഈ നിലയിൽ സ്വയത്തിന് ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെന്താ യോബ പറയുന്നു ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു യേ ശരി ആമിൻ്റെ പുസ്തകം ആറാമധ്യായത്തിലേക്ക് വരുമ്പോൾ യശയ്യാവ് ഉയർന്നും പൊങ്ങിയുള്ള സുഹാസനത്തിൽ ദൈവത്തിൻ്റെ ഒരു ദർശനം കാണുന്നു അതിൻ്റെ ഫലമെന്താ അതിൻ്റെ രണ്ടാമത്തെ വാക്യം ആറിൻ്റെ രണ്ടാമത്തെ വാക്യവും അഞ്ചാമത്തെ വാക്യത്തിലും ഒക്കെ ഈ ദർശനത്തിന് പരിണിത ഫലമായിട്ട് ഒരു കാര്യം നമ്മൾ വായിക്കുന്നു അവിടെ അവന് എന്ത് ചെയ്യുന്നു അവന് പറയുന്നു അതിൻ്റെ ആ അഞ്ചാമത്തെ വാക്യം അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു ആറിൻ്റെ യശയാവ് ആറിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത് അഞ്ചാമത്തെ വാക്യം ഈ പിതാവുമായിട്ടുള്ള ഒരു മുഖാമുഖം അവനെ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കണ്ടതിന് ശേഷം യശയാവ് പറയ ഞാനെന്താ ഞാൻ ആ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ അതുവരെ നമ്മൾ ആദ്യത്തെ അഞ്ച് അധ്യായം വായിക്കുമ്പം യശയ്യാവ് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടി പറയുമായിരുന്നു നിനക്ക് നിനക്ക് വിശുദ്ധിയില്ല നിനക്ക് വിശുദ്ധിയില്ല അശ്വത്ഥരാണ് നിങ്ങൾ എന്ന് ജനത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടിയിരുന്ന യശയ്യാവ് ഇവിടെ ആറാം അധ്യായത്തിൽ തുടക്കത്തിൽ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഒരു ദർശനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ് ഞാനാണ് ഇനിയും തനിക്ക് മറ്റൊരാടെ നേരെ ചൂണ്ടാനൊരു വിരലില്ല മറിച്ച് താൻ ഉള്ള വിരലുകളെല്ലാം തൻ്റെ നേരെയാണ് ചൂണ്ടെന്ന് ഓ ആ ചുങ്കക്കാരനെ പോലെ ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായത്തിലെ ചുങ്കക്കാരനെ പോലെ അവൻ മാറുത്തടിച്ചു എന്ന് പറയുന്നത് പോലെ യശയാവ് സ്വന്തം മാറത്തടിക്കുകയാണ് ഞാനാണ് കുഴപ്പക്കാരൻ എനിക്കെന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല നമ്മൾ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ പഴയനീവ ഭക്തന്മാരുടെ പലരുടെ കാര്യമാണല്ലോ പറഞ്ഞത് ഓ മോശയുടെ കാര്യം പറഞ്ഞു യാക്കോബിൻ്റെ കാര്യം പറഞ്ഞു ഇയോബിൻ്റെ കാര്യം പറഞ്ഞു യഷയാവിൻ്റെ കാര്യം പറഞ്ഞു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ പൗലോസ് പൗലോസ് എത്ര ശക്തനായ ഒരാളായിരുന്നു എല്ലാം തർസോസ് തർസോസുകാരനായ ഈ പൗലോസ് ഓ ഗമാലിയലിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ ഈന്ന് തലനാരിയുടെ കീറി മനസ്സിലാക്കിയവൻ വളരെ ശക്തൻ യൗവനക്കാരൻ പക്ഷേ ദമസ്കോസിലേക്ക് പടിവാതുക്കൾ വെച്ച് അവൻ എന്തുണ്ടായി അതിലേക്ക് പോകുമ്പോൾ അവനൊരു ദർശനമുണ്ടായി അതവനെ എന്താക്കി തീർത്തു അതവനെ ബലഹീനനാക്കി തീർത്തു കണ്ണ് കാണാൻ കഴിയാത്തവനാക്കി തീർത്തു ആരെങ്കിലും കൈപിടിക്കേണ്ടവനാക്കി തീർത്തു പത്രോസ് പത്രോസിന്റെ ജീവിതത്തിൽ പല രംഗങ്ങളുണ്ടായിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരു വലിയ മീൻപിടുത്തം ഉണ്ടായപ്പം പത്രോസ് പറയുന്നു കർത്താവ് എന്നെ വിട്ടു പോണേ ഞാനാരാ ഞാന് വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് സ്വയം അവിടെ സമ്മതിക്കും എങ്കിലും പത്രോസിന്റെ ജീവിതത്തിൽ പിന്നീടും പല പല പല തകർച്ചകളിലേക്ക് കൊണ്ടുവന്ന് അവസാനം യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ തകർച്ച പൂർണ്ണമാകും പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ പിതാവുമായിട്ടൊരു മുഖാമുഖം അത് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി നമ്മിൽ തന്നെയുള്ള ഊന്നൽ തകർത്തുകളായി അങ്ങനെ തകർന്നിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും ഇന്നത്തെ ക്രിസ്തീയ ലോകം ഈ ഒരു കാര്യം പറയാറില്ല ഞാന് സത്യത്തിൽ ഈ ബൈബിളിൽ നിന്ന് ഈ ഈ കാര്യങ്ങളുമായിട്ട് ഈ സത്യങ്ങളുമായിട്ട് അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തെ എനിക്ക് പറയാൻ കഴിയുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോക്കണ്സ് തകർച്ച എന്ന് പറയുന്ന ഒരു കാര്യം ഈ കാര്യം ഇന്നത്തെ നമ്മുടെ ചുറ്റുമുള്ള സുവിശേഷ വിധ സൗഹൃദം പറയുന്നില്ല അവരാകെ പറയുന്നത് എന്താ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു പിന്നെ ബൈബിളൊക്കെ പഠിച്ച് വളരെ വളരെ വളരെ ശക്തരായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമേ പറയാറുള്ളൂ എന്നാൽ ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളെ ദൈവത്തിന് ഫലകരമായി ഉപയോഗിക്കാനൊക്കെ ഇല്ല തകർന്ന ഒരു മനുഷ്യനെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാനൊക്കെ ഉള്ളൂ ഈ തകർച്ച നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് പിതാവുമായുള്ള ഒരു മുഖാമുഖത്തിലേ ലഭിക്കുകയുള്ളൂ പിതാവിൻ്റെ തേജസ് കാണാൻ പിതാവേ നിൻ്റെ ആ സൽഗുണപൂർണത കാണാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്നുള്ള ഒരു നിരന്തര നിലവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മോശയെ മറികടന്ന് പോകാത്ത ദൈവം പുതിയ ദൈവത്തിൽ നമ്മളെ മറികടക്കുകയില്ല നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് പല ഏതെങ്കിലും രംഗത്തിൽ അവിടുന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവിടുന്ന് കടന്നു വന്ന് നമ്മളെ തകർത്ത് ഓ നമ്മളെ ഈ പറയുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ ഈ ഗുണങ്ങൾ പിതാവിൻ്റെ ഈ ഗുണങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ വെളിപ്പെടുത്താത്തക്കവണ്ണം ഉള്ള പാത്രങ്ങളാക്കി നമ്മളെ തീർക്കും നമ്മളിന്ന് പിതാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെടരുത് മറിച്ച് എന്താണ് വേണ്ടത് പിതാവിനിൽ നിന്ന് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ തകർച്ച ബ്രോക്കണ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നേടിയെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഫലകരമാക്കുന്ന ഒരു കാര്യം എന്ന്